ൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം ആധുനിക ഔഷധത്തിനപ്പുറം രക്തധമനികളുടെ ചിത്രം എടുക്കുന്നതിനും എല്ലിന്റെ ചിത്രം എടുക്കുന്നതിനും ഒക്കെ വേണ്ടി ഡൈകളും മറ്റും ശരീരത്തിൽ കയറ്റും ഗവേഷണ വിദ്യാർത്ഥികളും ഗവേഷണങ്ങളും വികസിക്കുമ്പോൾ മനുഷ്യന്റെ പ്രയോജനം അതുകൊണ്ട് എന്താണ് എന്ന് ചിന്തിക്കാതെ എന്തും ശരീരത്തിൽ കയറ്റാൻ തയ്യാറായിട്ടാണ് ചെല്ലുന്നത് ഒരു സിൻഡിഗ്രഫിയിൽ നിങ്ങളുടെ എല്ലിൻ്റെ ചിത്രം എടുക്കുന്നതിന് ആ ചിത്രം എടുക്കുന്നത് നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമല്ല രോഗ നിർണയത്തിന്റെ മാത്രം ഭാഗമാണ് മനസ്സിലായില്ല അഞ്ചിയോഗ്രാം എടുക്കുന്നത് ചികിത്സയുടെ ഭാഗമല്ല നിങ്ങളുടെ ഹൃദയധമനികളുടെയും ഹൃദയത്തിന്റെയും നിലയറിയുന്നതിലുള്ള നിദാന പ്രക്രിയയുടെ ഭാഗമാണ് മനസ്സിലാവുന്നില്ല അതിൽ രൂപ എണ്ണീ കൊടുക്കുമ്പോൾ അതിന് പോയി നിൽക്കുമ്പോൾ ഡോക്ടറ് വേണ്ടെന്ന് പറഞ്ഞാലും അഞ്ചോ ഗ്രാം എടുക്കണം ഡോക്ടറെ എന്ന് നിങ്ങൾ നിർബന്ധിക്കുമ്പോൾ നല്ല ബിഷപ്പുരന്മാർ പറയും വേണ്ടു ഇത് മെട്രോ വാൽവിൽ ചെറിയൊരു സ്റ്റെനോസിസേ ഉള്ളൂ സാരമില്ല ധാരാനൊരാഴ്ച മരുന്ന് കടിക്കുക പോയില്ലെങ്കിൽ നമുക്ക് നോക്കാം അത് വേണ്ട ഡോക്ടർ മകൻ ബോംബേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രത്യേക കമ്പ്യൂട്ടർ എൻജിനീയറാണ് നിർബന്ധമായി എടുക്കണം മാ പറഞ്ഞിരിക്കുന്നത് ഡോക്ടറെ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ഡൈ അതെങ്ങനെ നിങ്ങളുടെ ധമനികളിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ കോശങ്ങളിൽ നിന്ന് എങ്ങനെ കോശാന്തരങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് പരിണത പ്രജ്ഞരായ ചിന്തിക്കാറില്ല അത് തന്നെത്താൻ രൂപാന്തരപ്പെട്ട് പാചകം ചെയ്ത് യൂറിനിലൂടെ പോകുമോ അതല്ല അതിൻ്റെ പാചക വേളയിൽ അതിന്റെ പ്രഭാത വേളയിൽ അത് ധാതുക്കളെ പരിണമിപ്പിക്കുമോ അത് നിങ്ങളുടെ കോശകോശാന്തരങ്ങളെ പരിണമിപ്പിക്കുമോ ഇരുപത് വയസ്സുകാരനായ ഒരുവന്റെ രക്തതമനിയിലേക്ക് കടത്തിവിടുന്ന ഡൈ വയസ്സുകാരനായ ഒരുവന്റെ അസ്ഥിയിലെ ചിത്രമെടുക്കുന്നതിന് കടത്തി വിടുന്ന വസ്തു ഇരുപത് വയസ്സുകാരൻ്റെ മജ്ജയെക്കുറിച്ച് പഠിക്കുവാൻ നടത്തുന്ന പരീക്ഷണങ്ങൾക്കിടയ്ക്ക് കടത്തിവിടുന്ന വസ്തു അവൻ്റെ ബീജഭാഗത്തിൽ ബീജഭാഗ അവയവത്തിൽ ക്രോമസോമിൽ അവൻ്റെ ജീനിൽ എന്തു പരിണാമങ്ങൾ ആ ജീൻ അവൻ്റെ പരമ്പരയുടെ ഏഴാമത്തെയോ എട്ടാമത്തെയോ കണ്ടിയിൽ വംശനാശത്തിന്റെ വിഭൂതികൾ ഉണ്ടാക്കുമോ ചോദ്യം മനസ്സിലായില്ല ചോദ്യം വിളിയിട്ടില്ല എഴുപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു അച്ഛൻ്റെ മകൻ ഇരുപത് വയസ്സിലൊരു ലോകത്തിന്റെ നിർണയം നടത്തുമ്പോൾ അവന്റെ സന്തതി പരമ്പരകളുടെ ലോകം ആയുധൈക്യം കുറഞ്ഞ് വംശനാശത്തിന്റെ ഭീഷണിയെ നാളെ നേരിടുമോ അത് ജനസംഖ്യ കൂടിയ ഇന്ത്യയുടെയും ജനസംഖ്യ കൂടിയ ചൈനയുടെയും ജനസംഖ്യയെ നിയന്ത്രിക്കുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഈ പദ്ധതിയിലൂടെ ലോകോത്തരന്മാരായ ശാസ്ത്രകാരന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമോ ഇതൊക്കെ ഭരണാധികാരികൾ ചിന്തിച്ചിട്ട് അനുമതികളും തീരുമാനങ്ങളും എഴുതേണ്ടതാണ് നരവംശാസ്ത്രത്തോടും വംശീയ വൃക്ഷത്തോടും കോശപഠനങ്ങളോടും കോശാന്തര വ്യാപാരങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ട വളരെ വിപുലമായ വിഷയമാണ് അതിനെയൊക്കെ പിള്ളേളി പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ലോകത്താ ഞാനും നിങ്ങൾ താമസിക്കുന്നത് കൂടുതലായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കാരണം നിങ്ങളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരാണ് ബീഹാറിൽ നിന്ന് വന്നവരല്ലെന്ന് വിചാരിക്കാം ഞാനിത് ബീഹാറിൽ പോയി പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ ജനസംഖ്യ മൊത്തം വെച്ചിട്ട് പറഞ്ഞതാണ് സാക്ഷരതയെക്കുറിച്ചുള്ള അറിയിൽ പറഞ്ഞ ഐ എസ് ഒക്കെ ഇപ്പം കേരളത്തിലില്ലല്ലോ കേരളത്തിൽ നിന്ന് വളരെ കുറവല്ലേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ അതില് മെക്കാനിക്കലായി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അച്ഛനും അമ്മയും മാനേജ്മെന്റും കൂടെ ഒന്നിച്ച് തള്ളിയാൽ മൂന്നാല് കോഴിച്ച് തള്ളിയുള്ളൂ ഏലയ്യ ഏല എലയ്യാ പാടി കുന്തിക്കേറ്റാവുന്ന ഞാൻ കഴിയാ മറ്റതിനൊക്കെ സയൻറ്റിസ്റ്റ് ഉണ്ടാകണമെങ്കിൽ തലയ്ക്ക് മൂള വേണ്ടേ എന്നുള്ളത് അന്ത ഒരേറ്റത്തുനിന്ന് തള്ളുക മറ്റേറ്റത്ത് തള്ള തള്ളുക മുമ്പിൽ നിന്ന് ഈ കാളവണ്ടിയിൽ ആയതാ കേറുകയല്ലേ ദഹിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ എന്നെ കൊണ്ട് പറയുന്നതിരിക്കുമ്പോ എനിക്കാണെങ്കിൽ അപ്പൊ കോശ കോശാന്തരങ്ങളോളം വ്യാപിക്കുന്ന ഈ വിഷങ്ങളെല്ലാം പുറത്തു കളയണം അതെങ്ങനെ കോശത്തിൽ കോശാന്തരത്തിൽ അത് പ്രത്യേകിച്ച് സ്റ്റെംസെല്ലുകളിൽ നോൺ സെല്ലുകളിൽ സ്റ്റെംസെല്ലുകളിൽ ആൽഫ ടു ആൽഫ സെല്ലുകളിൽ കോശങ്ങളുടെ ഈ പഠനങ്ങളൊക്കെ വച്ചിട്ട് നിങ്ങൾ തന്നെ പഠിച്ചു നോക്കിക്കൊള്ളുക അവയിൽ എങ്ങനെ ഇത് രൂപാന്തരപ്പെടുന്നു അവ എങ്ങനെ പാവപരി പരിണാമത്തിൽ ആയുർവേദം പറയുക നിങ്ങളുടെ രസം അത് പരിണമിച്ച് വിഭാഗത്തിൽ രക്തമാകുന്ന ധാതു പരിണാമത്തിന്റെ കല ഏതാണ് എന്നാണ് അവർ പറയുക നിങ്ങൾ പഠിച്ച അനാട്ടമിയിൽ നിന്ന് ഒരു അല്പം വ്യത്യാസം ആകെ കഴിക്കുന്ന ആഹാരം വചിച്ച് അത് മലവും രസവുമായി പരിണമിച്ച് മരം പോകാൻ വിട്ടാൽ ആ രസം വീണ്ടും പാകമാവും പ്രഭാകമെന്ന് പറയും അത് അഞ്ച് ഘട്ടങ്ങളിലാണ് കടന്നുപോകുന്നത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് അതിലൊന്ന് പാചക പിത്തം പ്രവർത്തിച്ച് ചെറുകുടലിൽ പാചകവൃത്തം പിത്തം പ്രവർത്തിച്ച് എഴുപാന്തരപ്പെടും ലിവറില് എകൃത്തിൽ രഞ്ജകവിത്തം പ്രവർത്തിച്ച് അതിനെ രഞ്ജിപ്പിക്കും കണ്ണുകൾക്ക് കാഴ്ചയാകാൻ ആലോചക വിത്തം പ്രവർത്തിച്ച് അതിനെ ആലോചനീയമാക്കും അതിൽ സാധക വിത്തം പ്രവർത്തിച്ച് മസ്തിഷ്കത്തിൽ ഓർമ്മകളും ബുദ്ധിയുമൊക്കെയായി രൂപാന്തരപ്പെടും ഇതിലേതെങ്കിലും ഒരു വിത്തത്തിന്റെ കുറവുണ്ടായാൽ മസ്തിഷ്കത്തില് ുദ്ധിയായി ഓർമ്മയായി തീരുവാൻ കഴിക്കുന്ന ആഹാരത്തെ പറിച്ചെടുക്കുന്ന കൊടവൻ കൊടങ്ങൽ അതതിന്റെ പ്രഭാകത്തിലെത്തി അതിനെ സാധകവിത്തം ദഹിപ്പിച്ചെടുത്താൽ അതിന്റെ സൂക്ഷ്മധാതുവിൽ നിന്ന് ഓർമ്മകളുടെ തലങ്ങൾ ഉണ്ടാവും മർക്കുറി കലോണുകൾ ഓർമ്മയുടെ തലങ്ങളിൽ പ്രവർത്തിക്കും അരിവേപ്പ് അത് മർക്കുറിയുള്ളൊരു ചെടിയാണ് ആ ചെടിയിലുണ്ട് മർക്കുറി ചെടിയിൽ നാകുമ്പോൾ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് സമയം കിട്ടാതൊരാൾ ബോധമില്ലാതെ കിടന്നാൽ കടയിൽ എട്ട് പൊതികളുള്ള സിദ്ധം അകരധ്വജം കവിരാജന്നൻ സെന്നിൻ്റെയൊക്കെ കിട്ടും മേടിച്ചുകൊണ്ടിരുക അതുകൊണ്ടൊന്ന് അതിൽ നിന്ന് ഒരു പൊതി എടുക്കുക അല്പം തേനിലരയ്ക്കുക നല്ല പേസ്റ്റ് പോലാവും അതിൽ വെറ്റില നീര് ചേർക്കുക എന്നിട്ട് കൊടുക്കുക വെറ്റിലനീര് ചേർക്കുന്നത് അത് സമയത്ത് മർക്കുറി മുഴുവൻ അലിഞ്ഞൊക്കെ ശരിയായിട്ടില്ല മർക്കുറിയുടെ ദോഷം പോകാനാണ് വെറ്റില ചിറക്കുന്നത് അതുകൊണ്ട് ചിലടുക്കുന്നൊക്കെ സിദ്ധമായ മേടിച്ചു കൊടുത്താൽ ദേഹം മുഴുവൻ പൊട്ടും പഴുക്കും അപ്പം മർക്കുറി പകച്ചും തീരുമാനിച്ചാൽ മതി അങ്ങനെ പകച്ചും തോന്നിയാൽ ഉടനെ വെറ്റില നീരനകത്ത് കിടത്തിയാൽ മതി വെറ്റില എന്താ വെള്ളത്തിൽ കിടത്തിയാൽ മതി കുറെ വെറ്റിലയും കൊടുത്താൽ മതി കഴിക്കാൻ കാരണം മർക്കുറിയും ഗോൾഡുമാണ് നമ്മുടെ നാട്ടിലെ സ്രാപ്പുമാരി ചെയ്യുന്നതും അതുതന്നെയാണ് സ്രാപ്പ് എന്ന് പറയാൻ തട്ടാൻ തട്ടാൻ മർക്കുറിയുണ്ടായി ഗോൾഡ് മുഴുവൻ അങ്ങനെ മർക്കുറിക്ക് ലൈസൻസ് ഉണ്ടാവും അപ്പൊ ഇതെപ്പോഴെങ്കിലും വല്ലടത്തുമൊക്കെ പറ്റിയാലും അവൻ വെറ്റിലയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പണ്ടു മൂല ഇതിൻ്റെ പ്രയോഗമൊക്കെ അവർക്കറിയും അപ്പോൾ ആ വെറ്റില നീരിൽ അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മയുടെ തലങ്ങളിൽ മൃതമാകാൻ തുടങ്ങുന്ന കോശങ്ങൾ ഉണരാൻ തുടങ്ങും അതേസമയം മർക്കുറി കയറോൺസ് കൂടുതലായി അകത്തെത്തിയാൽ ഓർമ്മയുടെ കോശങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും മനസ്സിലായില്ല ബോധതലങ്ങൾ ഉണർന്നിരിക്കുന്ന ഒരാളിലേക്ക് മർക്കുറിക് അയോൺസ് കടന്നു ചെന്നാൽ പോകും പോയ ഒരാൾക്ക് ഈ അയോൺസ് കൊടുത്താൽ ഉണരും നിങ്ങളുടെ ഇടയിലെ ഓട്ടിസം അതിൽ കൊടുക്കുന്ന ട്രിപ്പിൾ ആന്റിജനിലെ റൂബല്ലയിൽ വരുന്ന വളരെ സൂക്ഷ്മമായ മർക്കുറിക് അയോൺസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് അതിനുശേഷമേ ഓട്ടിസം കണ്ടെത്തിയിട്ടുള്ളൂ അതിനെതിരെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നഷ്ടപരിഹാരത്തിന് മൂന്ന് ഡോക്ടർമാർ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടുപേരിപ്പം വഴി മാറിയിട്ടുണ്ട് ഒരാളിപ്പോഴും സ്റ്റാൻഡിലാണ് അതിലും കൂടെ കമ്പനി വിജയിക്കും വഴിമാറും വഴി അയാൾ മാറും അങ്ങനെയാണ് ഇതിൻ്റെ ഗതി അപ്പം മർക്കുറി ഈ ശക്തിയുണ്ട് മസ്തിഷ്ക കോശങ്ങളിൽ അതുകൊണ്ടാണ് തളർ പക്ഷാഘാതമൊക്കെ വന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ ബോധം പോയിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് അതും കണ്ടിന്യൂസ് ആയി കൊടുക്കരുത് ഒരു എട്ട് ദിവസം കൊടുക്കുക അല്ലെങ്കിൽ പതിനാറ് ദിവസം കൊടുക്കുക നിർത്തുക നിർത്തി കഴിഞ്ഞാണ് ഡെവലപ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവുക നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകുന്നതാണ് കാര്യമില്ല അപ്പോൾ കോശങ്ങളിൽ എങ്ങനെയാണ് ഇത് രൂപാന്തരപ്പെടുന്നത് അതെങ്ങനെയാണ് സാധക പിത്തം അങ്ങനെ പറയുന്ന പേര് തന്നെ സാധക പിത്തം എന്നാണ് അതാണിത് നമ്മൾ കഴിക്കുന്ന പല ബോധപ്രക്രിയക്ക് വേണ്ടുന്ന സാധനങ്ങളുണ്ട് അതാ ചെടി കഴിച്ചാൽ പോരാ നമുക്ക് ആ സാധക വിത്തം ദഹിപ്പിക്കുന്ന ശരീരം ആരോഗ്യപൂർണമായിരിക്കണം ബ്രഹ്മീകൃതം മഹാകല്യാണഘൃതം സാരസ്വത ഘൃതം സാരസ്വത ചൂർണം അവിഭക്തി ചൂർണം സാരസ്വത അരിഷ്ടം ഈ പ്രക്രിയയാണ് ഇത് കൺട്രോൾ എക്സ്പെരിമെന്റിൽ നിങ്ങൾ നടത്തി നോക്കിയാൽ മതി അത് കൂടുതലൊന്നും കുഴപ്പമില്ല അതിനൊന്നും പ്രശ്നമില്ല മൺ കുറിക്ക് മാത്രമേ ഉള്ളൂകിത്തത്തിൽ ദഹിച്ചിട്ടാണ് രൂപാന്തരപ്പെടുന്നത് പിന്നെ ഉള്ളതാണ് പാചക വിത്തം അഞ്ചാമത് അതാണ് നിങ്ങളുടെ ദുക്കിന് വർണ്ണം കൊടുക്കുന്നത് ഈ അഞ്ച് വിത്തങ്ങളും പിന്നീട് ഏഴ് താതുജങ്ങളായ വിത്തങ്ങളും അവിടെയാണ് ം ഈ കഴിച്ച ആഹാരം അതിന്റെ സൂക്ഷ്മതലത്തിൽ രസമായി തീരുന്നതും രസം വീണ്ടും ഭജിച്ച് രക്തമായി തീരുന്നതും രക്തം വീണ്ടും ഭജിച്ച് അത് മേധസ്സാകുന്നതും അത് അസ്ഥിയാകുന്നതും അസ്ഥി മജ്ജയാകുന്നതും മജ്ജ ശുക്രമാകുന്നതും ഇതാണ് ആയുർവേദത്തിന്റെ പാചക പ്രക്രിയ അപ്പൊ രക്തം വരെയുള്ള അസ്ഥിയായി രൂപാന്തരപ്പെടുപ്പെടാനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടാൽ ഇമ്പെർഫെക്റ്റ ഉണ്ടാവും നല്ല കടലിപ്പഴം വാങ്ങിച്ചതില് രസന്തൂലം ചേർത്ത് കൊടുത്താൽ മാറും ചെടിയുണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല ചേർത്തല പ്രദേശങ്ങളിലെ ഒരു ഓർക്കിഡാണ് കേട്ടിട്ടില്ല ഒരു ഓർക്കിഡാണ് പടന്നു ചേർന്നൊരു ഓർക്കിഡാണ് അത് കൊണ്ടുവന്ന് ചതച്ച് കഞ്ഞിവെച്ചു കൊടുത്താൽ ഇമ്പർഫെക്റ്റ് മാറും രാജൊന്നും വലിയ മുടക്കില്ല കാരണം അവിടെ മേധോധാതുവിനെ അസ്ഥിധാതുവായി പരിണമിപ്പിക്കുവാനുള്ള പാചക പ്രക്രിയ വർദ്ധിപ്പിക്കുവാൻ ആ ചെടിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ശരീരശാസ്ത്രം ഇതാണ് പഴയ അമ്മമാർക്ക് പലതും അറിയുന്നത് എങ്ങനെയാണ് ഈ കണക്ഷനിലാണ് അവർ പഠിക്കുന്നത് അത് കഴിഞ്ഞാൽ ആ അസ്ഥിധാതു മജ്ജധാതുവായി രൂപാന്തരം പ്രാപിക്കുന്ന പാചനം നടക്കുന്നില്ലെങ്കിൽ രക്താണുക്കളിലൊക്കെ പരിണാമമുണ്ടാവും മജ്ജയുടെ രൂപാന്തരമില്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഹീമോഗ്ലോബിൻ ഡബ്ല്യു ഒക്കെ നോക്കിയാൽ സ്ഥൂലമായ അറിയും ലിംബോ സൈറ്റ് ഒക്കെ നോക്കിയാൽ സ്ഥൂലമായ അറിയും സി മാർക്കറുകൾ നോക്കിയാൽ സൂക്ഷ്മമായി അറിയും ഇവയെല്ലാം നോക്കേണ്ടത് സി ഡി മാർക്കറുകളാണ് നോക്കേണ്ടത് ക്യാൻസറിലും ബ്ലഡ് ക്യാൻസറിലും ഒക്കെ രോഗിയുടെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന വിഷവസ്തുക്കളും രോഗിയുടെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന സൂക്ഷ്മജീവികളും പാപ്പിലോമ പോലുള്ള ക്യാൻസറുകളിൽ വൈറൽ ക്യാൻസറുകളാണ് സർവീക്സിലൊക്കെ വരുന്നത് മിക്കവാറും പാപ്പിലോമകളാണ് അവയൊക്കെ മിക്കവാറും വൈറൽ ക്യാൻസറുകളാണ് അത് ഗർഭ സമയം കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് കോഷ്ടത്തെ ശുദ്ധി ചെയ്യുന്നതിനുള്ള പ്രക്രിയയൊന്നും ചെയ്യാതെ വരുമ്പോൾ ആ അണുകൃമികൾ ഉണ്ടാക്കുന്നവയാണ് അവ പോകുന്നതിനാണ് പണ്ടുള്ള ആളുകൾ പെരിങ്ങലത്തിൻ്റെ പേര് അരിയും ചേർത്തരച്ചപ്പൻ ചുട്ട് തന്നിരുന്നത് മുമ്പ് ഞാനിവിടെ പറഞ്ഞതാണ് ഒരു പതിനൊന്ന് ദിവസം തിന്നും ഇന്നും സെർവിക്സിൽ ക്യാൻസർ വന്നാൽ ഒരു റേഡിയേഷനും എടുക്കേണ്ട ഒരു കിമോയും എടുക്കണ്ട ഒരു പൈസയും മുടക്കി ഓപ്പറേഷനും വേണ്ട നേരെ പതിനൊന്ന് ദിവസം ഈ അപ്പൻ തന്നിട്ട് പോയി ആ നോക്കി അതേ ഡോക്ടറെ മതി അഞ്ചു പൈസയുടെ ചിലവില്ല വഴി നീളിക്കുന്ന സാധനമാണ് പെരിങ്ങല പെരികെര്ത്തപ്പര് തീർത്തപ്പിലാവില പിള്ളേരുടെ മലയെടുക്കാൻ ഉപയോഗിച്ചിരുന്നത് ആ അത് തന്നെ സാധനം ഉഗ്ര സാധനമാണത് അതിന്റെ തടിലയാണ് പാമ്പു വർഷത്തിന് ഏറ്റവും ബെസ്റ്റാണ് മൂർഖൻ്റെ വർഷത്തിൽ പാലി കഴിച്ചാൽ മതി തലവേദന സ്ഥിരമായി വരുന്ന മൈഗ്രൈന് ഒരു ടാബ്ലറ്റും കഴിക്കണ്ട മൈഗ്രൈൻ വളരെ കൂടിയാൽ അതിൻ്റെ തളിയിലുള്ള ഒഴിച്ചുകൊണ്ടെന്ന് കയ്യിലിട്ട് വിഴിഞ്ഞ് കാലിൻ്റെ വെരുവിരലൊരു തുള്ളി ഒഴിച്ചാൽ മതി എത്രയുണ്ട് വലത്തുവച്ച് ഒഴിച്ചാൽ ഇടത്തു വശത്തെ മൈഗ്രെയിൻ പോകും വല എടുത്ത് വയസ്സൊഴിച്ചാൽ വലത്തുവശത്തെ മൈഗ്രെയിൻ പോവും നാളെ മുതൽ വീട്ടിലിരുന്ന് ആരും കാണാതെ ഇത് വിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പണി തുടങ്ങിയാൽ പത്ത് രൂപ സമ്പാദിക്കാനും വിഷമമൊന്നുമില്ല അമ്പോ നൂറോ ഒഴിച്ചാലും തരും കാരണം ആയിരം ടാബ്ലറ്റ് കഴിച്ചേച്ചു വരുന്നതാണ് ഇങ്ങനെ ചെറിയ മന്ത്രമൊക്കെ ഉണ്ടെന്ന് അവനോട് പറയണം രാവിലെ ഞാൻ കുളിക്കണം ശുദ്ധമാകണം ആഹാരം കഴിക്കാതിരിക്കണം നിനക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞൊരൽപ്പം ചാടയൊക്കെ ഇറക്കിയിട്ടാണെങ്കിൽ വളരെ എളുപ്പമായി അതുകൊണ്ട് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ടിങ് വരാൻ പറയുക എത്ര മണിക്കാണ് നിനക്ക് മൈഗ്രെയിൻ വരുന്നത് അന്നേരം ഇങ്ങനെ വന്നോളാൻ പറയാ വീട്ടു മുറ്റത്ത് നിൽക്കാൻ പറയുക പുറ കുറേ കൂടെ പോയി ഇത് പറിച്ചെടുത്തോണ്ടിരിക്കുക കുറെ വെച്ച് പിടിപ്പിക്കുക പറിച്ചുകൊണ്ട് വന്ന് അകത്തിരുന്ന് തിരുമുക അത് വന്നിട്ട് പതുക്കെ കൈകൊണ്ട് ഞെക്കി അവൻ്റെ കാലിലേക്ക് ഒഴിക്കുക അതിന് മുമ്പേ പതിനാറിന്റെ പട്ടിക പതുക്കെ ജവിച്ചോളുക എന്റെ മന്ത്രമാണെന്നൊക്കെ തോന്നണ്ടേ ഇത്രയുള്ള പണി ഇങ്ങനെ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ വഴി കുറവാണ് അതുകൊണ്ട് വളരെ എളുപ്പമാണ് പണി അപ്പം ഒരു ചെടി തന്നെ ഒരുപാട് ഔഷധ ഏറ്റവും ഔഷധ ചെടികളിലൊന്നാണ് അപ്പൊ അത് കൊടുത്താൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രണ്ടു മൂന്നു തരത്തിലുണ്ട് ഒന്ന് സൂക്ഷ്മ നിന്ന് അങ്ങനെ വരുന്ന പാപ്പുലറി ക്യാൻസറുകളെല്ലാം എന്ന് പറഞ്ഞാൽ വൈറൽ ക്യാൻസറുകളെല്ലാം ചിലർക്ക് അല്ല അല്ല ചിലത് ഗ്രോത്ത് വരുന്നത് അത് സ്റ്റെം സെല്ലിൽ നിന്ന് വരുന്നുണ്ട് സ്റ്റെം സെൽ കാരണമായി വരുന്നതിന് പണിയൊന്നും പറ്റില്ല ദാറ്റ് ഇസ് അൻ ഏജിങ് ക്യാൻസർ ഏജിങ് ക്യാൻസറുകൾ വളരെ സൂക്ഷ്മമായി പിടിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ വൈറൽ ക്യാൻസറുകൾ ഇങ്ങനെ മാറും ഈ മരുന്നുകളിൽ കൊണ്ടൊക്കെ മാറും അത് സി മാർക്കറുകൾ നോക്കി അറിയാൻ എവിടെ വച്ചാണ് ഈ കോശം പരിണമിക്കാൻ സമ്മതിക്കാത്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ടെസ്റ്റുകളിൽ സി എ സി എ കൊണ്ടൊക്കെ ക്യാൻസർ ബാധിച്ചോന്നേ അറിയാൻ പറ്റുള്ളൂ സ്കാനിങ് കൊണ്ടൊക്കെ അതേ അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസിനെ തിരിച്ചറിയുന്നതിന് സി ഡി മാർക്കറുകളാണ് നോക്കേണ്ടത് റേഷ്യോ എല്ലാം നോക്കണം അപ്പൊ ആ സി ഡി മാർക്കറുകൾ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് അറിയാം അപ്പൊ ഇമ്മ്യൂണിറ്റി നഷ്ടമായാൽ അതേതൊരു ധാതുവിൽ വെച്ചാണ് ആ ഓജത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് എവിടെ വെച്ചാണ് അതിന്റെ പരിണാമ ശൃംഖല തട്ടിക്കളഞ്ഞിരിക്കുന്നത് അപ്പൊ ആ തട്ടിക്കളഞ്ഞടുത്ത് വെച്ച് പിടിക്കണം അപ്പൊ മജ്ജയിലാണെങ്കിൽ സ്ഥൂലമായി അറിയാൻ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ കാരണം ടി സി കൂടും ചിലപ്പോ പ്ലേറ്റ്ലെറ്റ് കുറയും സി ഡി ഇലപ്പ ടി കുറയും ഹീമോഗ്ലോബിൻ കുറയും ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കും അപ്പോ ഉടനെ മുഖ്യമിയാ എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് സി ഡി പോർട്ടലെന്ന് അറിഞ്ഞിട്ട് അവിടെ മണിത്തക്കാളിയുടെ നീര് കൊടുത്താൽ ചിലപ്പോ അതാത് പരിണാമം നടക്കും കീഴാറ നെല്ലി പരിണാമം ഉണ്ടാവും നിലമ്പരയുടെ കഞ്ഞി കൊടുത്താൽ പരിണാമം ഉണ്ടാവും മൊഴിച്ച വി കൊടുത്താൽ പരിണാമം ഉണ്ടാവും നല്ല ഞാവലിന്റെ തോല് കഷായം വെച്ച് കൊടുത്താൽ പരിണാമം ഉണ്ടാവും നല്ല മുരിങ്ങയുടെ വേരിൻ്റെ നീര് ഒരു ടീസ്പൂൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇമ്മ്യൂണിറ്റിയിൽ ചേഞ്ച് വന്ന് ലിവറിനെയും സ്പ്ലീനിനെയും ബാധിച്ച് ലിവർ സിറോസിലേക്കും സ്പ്ലീൻ സെറോസിലേക്കും പോയോ പോകാതെയോ മജ്ജയിൽ പരിണാമം ഉണ്ടാക്കുന്നത് സർന്നായിട്ട് മാറും കച്ചാർവാഴ കോളയുടെ നീരെടുത്തിട്ട് അതിനകത്ത് ഒരു കല്ലുപ്പി ചേർത്തിട്ട് പരിണാമം ഉണ്ടാകും ഇതിനൊന്നും വലിയ പഠിപ്പൊന്നും വേണ്ട ഇത് വീട്ടിൽ ചെയ്യാത്ത മണിയാണ് ഇതിന്റെ സാങ്കേതികാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ പോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വെല്ലുമ്മമാർക്ക് ഇതിന്റെ സാങ്കേതിക അറിയാം അവര് കൊച്ചിന്റെ പൊക്കളി ചൂണ്ടുമ്പോ സ്പ്ലീൻ വളർന്നു എന്ന് മനസ്സിലാവും അപ്പോഴേ ആഹാരം പതുക്കെ നിർത്തി നേരെ പോയി നിലമ്പരണ്ടോണ്ട് കഞ്ഞി വെച്ചു കൊണ്ട് കൊടുത്തു മണിത്തക്കാളി നീര് കൊണ്ട് കൊടുത്തു അതുമല്ലെങ്കിൽ മുരിങ്ങയുടെ വടക്കോട്ട് പോകുന്ന വേരൊണ്ണം കട്ട് ചെയ്ത് പോകുന്ന തെക്കുന്നാകുമ്പോൾ സൂര്യന്റെ ചായലുണ്ട് മനസ്സിലായില്ല വടക്കോട്ട് പോകുന്ന വേര് കട്ട് അത് കഴിഞ്ഞ് നീരെടുത്തു ഒരു ടീസ്പൂൺ നീര് പാലിൽ ഒഴിച്ചും കൊടുത്തു ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ലക്ഷങ്ങൾ വെള്ളത്തിലോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ കാശ് പോക്കറ്റിൽ കിടക്കുവന്ന് രണ്ട് ഈ നാട്ടിൽ നിങ്ങളുടെ കാശ് പ്രതീക്ഷിച്ച് നിങ്ങളോട് ഇത് മേടിക്കാമെന്ന് പ്രതീക്ഷിച്ച് കെട്ടിപ്പൊക്കി കെട്ടിടങ്ങളൊക്കെ താഴെ വീഴും നാളെ ഇത് ചെയ്യണം നൂറുകണക്കിന് ആളുകൾ വേണം ലിഫ്റ്റ് ഓപ്പറേറ്റർ വേണം ലിഫ്റ്റ് വേണം നിങ്ങൾ ചെല്ലുമ്പോൾ നാലാം നിലയിലേക്ക് കയറണം ഈ കാറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ പേര് പിടിച്ച് വീഴ് കഴിച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വേക്കഴിഞ്ഞാൽ അത് കേൾക്കുന്നവനെയും എന്നെയും ചിലപ്പോൾ പിടിവിച്ചു കൊടുക്കും ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ അടീന്ന് പിടിക്കണം ആ പിന്നെ ഇതിങ്ങനെ നിങ്ങൾ പോയി നാലുപേരോട് പറഞ്ഞു അവസാനം ഇത് കേട്ടു കേട്ടാവുമെന്ന് എന്നോട് പറയും സാധ്യത ഇങ്ങനെ ഒരു മരുന്നുണ്ടോ അപ്പഴു സുഖം പറഞ്ഞാൽ മനസ്സിലായില്ല ആ എന്റെ പൊന്നു സ്വാമി മൈഗ്രെയിൻ ഞാൻ എന്തെല്ലാം മരുന്ന് കഴിച്ചാണ് നമ്മുടെ കുട്ടപ്പം എവിടുന്നാണെന്നറിയില്ല അയാളെ പറഞ്ഞു ഇനി ആളുകളോട് പറയും മൈഗ്രൈൻ ഈ വട്ടപ്പൊലത്തിന്റെ പെരിഞ്ഞൊലത്തിന്റെ ഇല പറ കൊടുത്താൽ സ്വാമി ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ടതില്ലെന്ന് ഇവം നമ്മോട് പറയുന്ന ഒരു സമയത്ത് ഒരു മനസ്സിലായില്ല അപ്പൊ മാത്രമല്ല ഇത് ആരെയാണ് വെടിവെക്കേണ്ടത് നിശ്ചയില്ലാതെ മനസിലായില്ല മറ്റത് അപകടമാണ് മറ്റു വളരെ അപകടമാണ് കാരണം നോളജ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച അത് തോന്നിയത് പോലെ കൊടുക്കരുത് അതൊക്കെ ഇങ്ങനെ നേരിപ്പിടിച്ച് നേരിപ്പിടിച്ചേ കയറാവു നിങ്ങൾ ഇങ്ങനെ കേട്ടാൽ മതി നിങ്ങളിതൊന്നും ഓർത്തിരിക്കുകയും വേണ്ട നിങ്ങളും ചെയ്യേം വേണ്ട കാരണം എന്താ വെച്ചാൽ കോശങ്ങളിൽ കിടക്കും നിങ്ങൾ ചത്തു കഴിഞ്ഞ് നിങ്ങളെ നയിപ്പിക്കുകയോ കുഴിച്ചിരുവോ ചെയ്യുമ്പോൾ കുഴിച്ചിരുമ്പോ നിങ്ങളുടെ ശരീരം മുഴുവ തിന്നുമ്പോൾ ആ കോശത്തിലേക്ക് അന്ന് മുഴുവൻ തിന്നും മനസ്സിലായില്ല ഈ ആ കോശത്തിലെ അറിവ് കത്തുമ്പോൾ ചാരമായി സസ്യങ്ങളിൽ വീഴും അടുത്ത തലമുറയിലെ പിള്ളേരെ പ്രസവിക്കാനുള്ള തള്ളമാരും ദന്തമാരും ആ ചെടി പഠിച്ചതിനും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ അറിവുള്ളവരായി ജനിക്കും അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് മോസ്റ്റ് ഇന്ററസ്റ്റിംഗ് ചാപ്റ്റർ ഓഫ് മൈ ഹിസ്റ്ററി എന്നാണ് എനിക്ക് പറയാവുന്നത് അതുകൊണ്ട് മറിച്ചതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമുള്ളതല്ല എനിക്ക് വളരെ ക്ഷമയുണ്ട് ഈ മതി ഇത് കുറച്ചുകൂടെ കുറഞ്ഞാൽ മതി അതാണ് ഇതിൻ്റെ ആ മാസ്മരികത അതിന്റെ കാവ്യാത്മകത നിങ്ങൾക്ക് ആസ്വദിക്കാൻ അറിയുമോ എന്ന് അതുകൊണ്ട് ഇത് നിങ്ങൾ പതുക്കെ കൊണ്ടുപോയി നിങ്ങളിനി വീട്ടിലേക്ക് എത്തുമ്പോഴെങ്കിലും മറന്നോട്ടെ എനിക്ക് ഈ ഭൂമിയിൽ ഐര്യം ദഹിക്കുമ്പോൾ നാളെയോ നാളെയോടൊരു എള് പൂക്കും മനസ്സിലായില്ല ആ എല്ലിൽ നിന്നൊരു എണ്ണയുണ്ടാവും ആ എണ്ണയിൽ ഉണ്ടാവും ഏ ഒരിക്കലും നഷ്ടമില്ല ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരിക്കലും അടയ്ക്കാനാവില്ലെന്നെ ഈ വിശ്വതലങ്ങളിൽ കർമ്മ മേഖലകളിൽ ജീവിതം നോവുമ്പോൾ എന്നെ ആത്മാവ് നന്ദിയിടുന്നു എന്ന് വയലാറ് പണ്ട് പാടിയിട്ടുണ്ട് നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അതുകൊണ്ട് സയൻസിനേക്കാൾ കവിത എനിക്കിഷ്ടമാണ് സയൻസ് കവിതയായാൽ കൂടുതൽ ഇഷ്ടമാണ് ആസ്വദിക്കാൻ കാണുന്നെനിക്കറിയില്ല അപ്പോൾ ഈ കോശങ്ങൾ കോശാന്തരങ്ങൾ അതിൻ്റെ പരിണാമങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ ഒരു കോശത്തിൽ ആ അറിവാണ് നിഹിതമായിരിക്കുന്നത് അപ്പൊ അത് ധാതു പരിണാമത്തില് ആ കോശത്തിൽ ധാതുവിൽ പരിണമിക്കുമ്പോൾ അത് മജ്ജയായി അസ്ഥി മജ്ജയായി പരിണമിക്കുമ്പോൾ ആ മജ്ജയാണ് ശുക്രമായി പരി ആർത്തവമായും സ്ത്രീയില് ആർത്തവമായും പുരുഷനിൽ ബീജമായും പരിണമിക്കുന്നത് ശുക്രമായും പരിണമിക്കുന്നത് ശുക്രം എന്ന് പറഞ്ഞാൽ ബീജം ആയി പരിണമിക്കുന്നത് അതുകൊണ്ട് മജ്ജയെ എടുത്താൽ മേധസ്സിനെ എടുത്താൽ മാംസത്തെ എടുത്താൽ രക്തത്തെ എടുത്താൽ രസത്തെ എടുത്താൽ കുട്ടിയെ ഉണ്ടാക്കാം ഇതാണ് വ്യാസൻ പറയുന്നത് മനസ്സിലായില്ല ഈ ആയുർവേദത്തിന്റെ പ്രാക്ടിക്കലാണ് വ്യാസൻ പറയുന്നത് അതിൽ മാംസം കെട്ട് വെച്ചാൽ അത് കുഞ്ഞാവും മനസ്സിലായില്ല മറ്റ കടഞ്ഞെടുത്താൽ അത് കുഞ്ഞാവും അതാണ് അസ്ഥിയിൽ കടഞ്ഞത് എവിടെ കുരുവിന്റെ കുരുവിന്റെ അസ്ഥിയിൽ കടഞ്ഞത് ഒരു മജ്ജാധാതുവിൽ നിന്ന് ശുക്രധാതുവിലേക്ക് പരിണാമം ഇല്ലെങ്കിൽ നായ്ക്കുറിനം പരിപ്പും അമുക്കുരുവും കൂടെ പാൽ മതി രണ്ടാഴ്ച ഉണ്ടാവും നല്ല ചെറിയ ഉള്ളിയെടുത്ത് രസായനമുണ്ടാക്കി കൊടുത്താ മതി പരിണാമം ഉണ്ടാവും നല്ല മുരിങ്ങയുടെ കുരുവെടുത്ത് പൊടിച്ചു കൊടുത്താൽ മതി അതുകൊണ്ടാ പണ്ട് നിർബന്ധ ബ്രഹ്മചര്യമൊക്കെ വേണ്ടവർ മുരിങ്ങക്കായും പുള്ളിയും ഒക്കെ കഴിക്കരുതെന്ന് പറഞ്ഞത് മനസ്സിലായില്ല ആ എനർജിയൊന്നും നെഗറ്റീവ് ഇല്ല എനർജിയൊക്കെ വളരെ പോസിറ്റീവാണ് പിള്ളേരുണ്ടാകുന്നത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ മോശമാണ് അവനൊന്നും വേണ്ട എങ്കിൽ നല്ലതാണ് മാന്യമാണ് അല്ലാതെ ഗൃഹസ്ഥൻ കുട്ടിയുണ്ടാകുന്നതൊക്കെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു ഈ ഭൂമി നെഗറ്റീവ് പറയാൻ പറ്റുമോ ആ കഴിക്കുന്നു അവരെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വൈകാരിക തന്തുക്കളിൽ ഭാവമുണ്ടാവും അത്രയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിന്നാണ് മരുന്നുണ്ടാകുന്നത് നല്ല വെണ്ടയ്ക്കരുപത്തഞ്ച് വിഞ്ചു വെണ്ടയ്ക്കഴിച്ചാല് മദ്യ ശുക്ര അതുമായി മാറും രാജൊന്നും മുടക്കണ്ട വീട്ടിൽ നല്ല വെണ്ട വളർത്തുക കസ്തൂരി വെണ്ടയാണെങ്കിൽ ഉഗ്രൻ കസ്തൂരി വെണ്ട കണ്ടിട്ടുണ്ടോ ഇല്ല വെള്ളപ്പൂവും മഞ്ഞപ്പൂവും ഉണ്ടാകുന്ന വെണ്ട പോലെ കായുണ്ടാകുന്ന ഇത്രയും ഈ നീളം മാത്രമുള്ള അതിനാണ് കസ്തൂരി വെണ്ട കസ്തൂരി വെണ്ടയുടെ പിഞ്ചു ഗായ പറിച്ചു കൊടുത്താൽ കസ്തൂരി വെണ്ടയുടെ മൂത്തകായ പൊട്ടി വീഴുമ്പോൾ അതിന്റെ അരി എടുത്ത് പൊടിച്ചു വെച്ചു കൊടുത്താൽ കുട്ടിയുണ്ടാവും മജ്ജാധാതുവിനെ ശുക്രധാതുവാക്കി പരിണമിപ്പിക്കുവാനുള്ള അഗ്നിയെ ജ്വലിപ്പിക്കുവാൻ ആ ഇതിന് കഴിവുണ്ട് എന്നാൽ ആസോസ് പ്രേമിയായില് ഈ കഴിവ് പോരാ അതിന് ആനക്കൊമ്പും കലമാന്റെ കൊമ്പും കാരണം ആന കൊമ്പില് അസ്ഥിയാണ് ധാതു മനസിലായില്ല കലമാന്റെ കൊമ്പില് അസ്ഥിയാണ് ധാതു അവയും നായ്ക്കുറിനപ്പരിപ്പും ഒക്കെ ചേർത്ത് ഒരു ഗുളികയുണ്ട് അത് അരച്ചു അസൂസ് പ്രേമിയെ മാറും വളരെ ക്യുക്കായിട്ട് മാറും പണിയെടുക്കണം മറ്റേതാകും പണിയൊന്നും എടുക്കണ്ട പറിച്ച് കഴിച്ചാ മതി വെട്ടക്കയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ മതി ഒരു ഏഴ് തഴുതാമയുടെ കഴിച്ചാലും മതി പെട്ടെന്നുണ്ടാവും അപ്പൊ അവിടെ സംഭവിക്കുന്നതാണ് അങ്ങനെയാണ് ആയുർവേദം ആ ശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് ഇത് കഴിച്ചാൽ ഇനിപ്പന്നിലും വെള്ളലിലും ഒന്നും ഡെസ്റ്റ് ചെയ്യണ്ട നിന്റെ ഇന്ന ധാതു ഇന്നലത്തേക്ക് പരിണമിക്കൂടാ എന്നാ പറയുന്നത് നിന്റെ ശാസ്ത്രം മനസ്സിലായോ നിന്റെയാഥം പിടികിട്ടിയോ ഇങ്ങനെയാണ് അതിന്റെ ഋഥം പോകുന്നത് അപ്പൊ കോശങ്ങളുടെ ഓരോ തലങ്ങളിലും ഈ ബോധപ്രക്രിയ ഉണ്ട് മജ്ജാതന്തുവിലെ കോശത്തില് അസ്ഥിതന്തുവിലെ കോശത്തില് രക്തധാതുവിലെ കോശത്തിന് ആ മാംസധാതുവിലെ കോശത്തിന് ആ കോശങ്ങളിൽ നിബൃതമായിരിക്കുന്ന ഒരു അറിവാണ് ഈ പരിണാമത്തെ സഹായിക്കുന്നത് അല്ല ആരല്ല ഏഴ് ഏഴ് സോറി ഏതെ രസം രക്തം രസം രസമാണ് പരിണമിക്കുന്നത് സപ്തധാതുജങ്ങളായ വികാരം അപ്പൊ ഈ ധാതുക്കളുടെ പരിണാമം ഇപ്പൊ കോശത്തിന്റെ തലമെടുത്ത് പഠിക്കുമ്പോ കോശത്തിലാണ് ഈ അറിവെല്ലാം നീതമായിരിക്കുന്നത് അത് പൂർണവുമാണ് അത് ഓരോ അവയവ കോശങ്ങൾക്കും പ്രത്യേകതയുണ്ട് എല്ലാ അവയവങ്ങളുടെയും കോശം ഒരുപോലല്ലിരിക്കുക കോശ സ്ഥലങ്ങൾ ഒരുപോലല്ലിരിക്കുക കോശ മസ്തിഷ്കം ഒരുപോലല്ലിരിക്കുക കോശാന്തര ഭാവങ്ങൾ ഒരുപോലല്ലിരിക്കുക ഇപ്പൊ ഇവയെല്ലാം അതെല്ലാം വെച്ച് കോശ വിഭജനങ്ങളും ഒക്കെ പഠിച്ചാൽ ഇത് സഹായകമാണ് ഓരോ കോശത്തിനും വളർച്ചയ്ക്ക് സഹായകങ്ങളായ അറിവ് ആ കോശത്തിലാണ് നിഹിതമായിരിക്കുന്നത് ഒരു കോശം ഇത്രകാലം ഉണ്ടാകുന്ന അതിന്റെ ആയുസമുണ്ട് അങ്ങനെയെങ്കിൽ അന്തർനിഷ്ഠമായ ഈ സ്വഭാവ സവിശേഷതകളിലേക്ക് കലയും കാര്യവും എല്ലാം ആയി നാം അറിവിലൂടെ സന്നിവേശിപ്പിക്കുന്ന ഇടപാടുകൾ റിയുന്നവ ഒക്കെ ഈ കോശാന്തര പ്രകൃതിയിലേക്ക് കടന്നാൽ വൈയക്തികവും സാമൂഹികവുമായ കൈങ്കര്യങ്ങൾ മനുഷ്യ സങ്കല്പ സൃഷ്ടങ്ങളായ വെളിപാടുകൾ ജാതി വർണ്ണം വർഗം ആശ്രമം ആചാരം മുതലായ വിവേചനങ്ങൾ വർണ്ണാതി വിവേചനങ്ങൾ എല്ലാം സന്തോഷത്തിന് പകരം വൈയക്തികവും സാമൂഹികവുമായ ഒട്ടനേകം പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്ന് അന്വേഷിക്കേണ്ടതാണ് രോഗത്തിൻ്റെ വെളിപാടുകൾ പഠിക്കുമ്പോൾ വൈറസിനെ തേടിപ്പോകുന്ന മർത്യൻ ശരീരകോശങ്ങളിലെ പരിണാമത്തെ തേടിപ്പോകുന്ന മനുഷ്യൻ അവൻ ആഹരിച്ച ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ ലോകങ്ങളെ മുഴുവൻ അന്വേഷിക്കേണ്ടതാണ് പാരമ്പര്യ ഘടകങ്ങളെ പിടിച്ച് അണയിട്ടു പോയാൽ ഒരേ പാരമ്പര്യ ജീനോമുള്ള പ്രത്യേകിച്ചും ഓങ്കോജീൻസ് ഉള്ള ജീനോ പഠനങ്ങളിൽ പ്രത്യേകമാണ് ഓങ്കോജീൻസ് ഉണ്ടാക്കുന്ന ജനിതകങ്ങൾ ഔഷധങ്ങളെ ഇനിയും സ്വീകരിക്കാൻ മടിക്കുന്ന ഔഷധ സ്വീകരണത്തെ അതിജീവനം നടത്തുന്ന ഈ ജനിതക സംവേദനങ്ങൾ ഇത്രയും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ സംശയം ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമോന്നുമാണ് എൻ്റെ സംശയം ക്യാൻസറൊക്കെ പഠിക്കണം പഠിക്കണം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുവോ ജനിതക സ്മൃതികളുടെയും ജനിതക വിസ്മൃതികളുടെയും ലോകങ്ങളെ മാറി മാറി ആ ലോകങ്ങളിൽ പണ്ടുള്ളവർക്ക് ഉണ്ടാകാത്ത തരം ക്യാൻസറുകളും ആധുനികൻ ഉണ്ടാകുമ്പോൾ അവൻ്റെ വേഴ്ചകളുടെയും ഇടപാടുകളുടെയും അവൻ്റെ പഠനങ്ങളുടെയും കലകളുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ പങ്കുപോലും ഈ ജീനിന്റെ പരിണാമ പ്രക്രിയയിലുണ്ടായിരിക്കുമോ മനസ്സിലായില്ല എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ക്യാൻസർ ഒന്ന് മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ഒരാന്തൽ ഉണ്ടായിട്ട് നിങ്ങളുടെ ജനിതക കലകളിൽ ഒരു സ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ടാകുമോ അത് മനസ്സിലായില്ല പരഭായിൽ പരപുരുഷനിൽ ഒക്കെ ബന്ധങ്ങൾ പുലർത്തുന്ന ഒരാൾ എവിടെയോ ഒരാൾ എയ്ഡ്സ് വന്ന് മരിച്ചു എച്ച് ഐ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മസ്തിഷ്കത്തിലൊരു പിടുത്തമുണ്ടാകുമായിരിക്കുമോ അറിവും ഗ്രന്ഥങ്ങളും മാസികകളും പത്രങ്ങളും അത്തരമൊരു സംവേദനത്തെ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ജനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കോശകോശാന്തരങ്ങളുടെ അറിവിലേക്ക് ആ സംവേദനം കടന്നെത്തുമ്പോൾ കോശസ്മൃതികളിൽ അത്തരമൊരവാന്തര പരിണാമം ഉണ്ടാക്കുന്നുണ്ടാകുമോ ആവോ ഞാൻ സംശയരോഗ അല്ല അവർ ഞാൻ ഡയറക്റ്റാവാ ഞാൻ ഡയറക്റ്റ രോഗം തന്നെയായ കോശം പരിണമിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടാവുമോ എന്നാ ചോദിച്ചു മതനോത്സവത്തിലെ നായിക ക്യാൻസർ വന്ന് സ്റ്റേജില് വേദന അനുഭവിക്കുന്ന രംഗം ആടിത്തിമിർക്കുമ്പോൾ അതൊരു സിനിമയാണെന്നും നടിയാണെന്നും വിചാരിക്കാനാവാതെ നായികയുമായി താതാത്മ്യം പ്രാപിക്കുന്ന നൂറ്റമ്പത് പെണ്ണുങ്ങൾ ആ ഓഡിയൻസിന് ഇടയിലിരുന്ന് കണ്ണുനീർ വാർക്കുമ്പോൾ ആ വേദന അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ആവേഗങ്ങൾ ഉതിർക്കുന്നുവെങ്കിൽ കോശാന്തരത്തിലേക്ക് ക്യാൻസർ ഒരറിവും വേദനയുമായി കടന്നെത്തുമോ എന്നാണ് ചോദ്യം എങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തലമുറ സാഹിത്യവും കലയും രോഗം തന്നെയാണ് ഞാനല്ല പറഞ്ഞു എത്തുമെന്ന് നിങ്ങളാ പറഞ്ഞത് അത് നിങ്ങൾ ഇതുപോലെ സമ്മതിച്ചില്ല അതിൽ അഭിനയിക്കുന്നയാൾ അതുമായി താതത്മ്യം പ്രാപിച്ച് അഭിനയിക്കുമ്പോൾ അഭിനയം നിർത്താറാകുമ്പോഴേ കയൽ രോഗിയായി പുറത്തേക്ക് വരുന്നുണ്ട് നിങ്ങളതിന് സാഹിത്യത്തിൽ അറംബന്നു വന്നൊരു പദം കൊണ്ട് തൽക്കാലം മൂടുപടമിടുന്നു വികാരപരങ്ങളായ സന്നിവേശങ്ങളിലെല്ലാം കോശം അറിവിനെ ആകിരണം ചെയ്യുന്നത് ആ വൈകാരികതയോടുകൂടിയ സമസ്ത രോഗങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് പിതാവിനോട് അത്യധികമായ പ്രിയവും ഭാവവും നിലനിൽക്കെ പിതാവിന്റെ വേദനയും യാതനയും രോഗങ്ങളും യാതൊരു പരിഹാരവും ചെയ്യാനാവാതെ അതിൽ വേദനിക്കുന്ന ഒരു പുത്രനായി നിന്ന് പരിചരിക്കുമ്പോൾ ആ കോശ കോശാന്തരങ്ങളുടെ വേദനാജാലങ്ങൾ അത്രയും തൻ്റെ കോശങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ ഏജിന് അടുത്തുള്ള ഒരു തലത്തിൽ എത്തുമ്പോൾ ആ ജനിതകങ്ങൾ സ്മൃതികളിലെത്തി വീണ്ടും ആ രോഗങ്ങളിലേക്ക് പോകുമ്പോൾ വിഷഗ്വരൻ നിർനിമേഷനായി പാ പാരമ്പര്യമെന്ന് അതിനെ ഉറപ്പിക്കും ഇത്രയും സങ്കീർണമാ കോശങ്ങൾ അതൊക്കെ ആ അതുകൊണ്ടാണ് അവര് പറഞ്ഞേ അച്ഛൻ പോയി കണ്ടോളും രോഗിയെ നീ പോണ്ട നീ പോകണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മമാരിപ്പൊ പറയും കേട്ടിട്ടില്ല ഏ നീ എന്ത് കാണാൻ പോവെന്താ കാര്യം ആ പിള്ളേരെ എവിടെ എന്താ കാര്യം മരണം നേരത്തെ അവരുടെ കോശങ്ങൾ അറിയുക മരിച്ച വീട് മാത്രമല്ല പ്രായപൂർത്തിയായ അച്ഛനും അവര് ഭാര്യം അവരുടെ ദമ്പതിക്രിയകളിൽ ആ കുട്ടിയുണ്ടായതൊന്നും മക്കളെ അറിയിക്കാറില്ല അത് മുതിർന്നുകഴിയുമ്പോൾ തന്നെ പഠിച്ചോളും അത് നേരത്തെ പഠിപ്പിച്ചാൽ പശാവാണ് പിള്ളേർ നേരത്തെ യൗവനം കിടക്കും നേരത്തെ വാർദ്ധക്യവും കിടക്കും നേരത്തെ ചാവും മനസ്സിലായില്ല ഇപ്പൊ അതാണ് അകാല വാർദ്ധക്യം യൗവനത്തിൽ തന്നെ വരും അകാല മൃത്യുവും വരും അറിവൊക്കെ ഉണ്ട് വളരെ അച്ഛൻ അറിയുന്നതിനെക്കുള്ളിൽ ഇപ്പം അവനറിയാവുന്ന അവർ മരിക്കാനുള്ളവര് നേരത്തെ മരിക്കുക ഇതാണ് എൻ്റെ എൻ്റെ വൈകല്യം ഇപ്പോൾ കോശങ്ങളെ പഠിച്ചു നോക്കണം കോശത്തിൻ്റെ പ്രായം പഠിച്ചു നോക്കണം കോശം രൂപാന്തരപ്പെടുന്ന തലം പഠിച്ചു നോക്കണം